യ്രൂപ ഗുണകർമ്മ തത്വവിജ്ഞാനം അസ്തു മദ് അനുഗ്രഹാ അദ്ഭുതമാണ് ഈ വിദ്യ ഉപദേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞത് അനുഗ്രഹ ആശീർവാദാണ് ആദ്യം കൊടുക്കണത് എന്നുവെച്ചാൽ ഈ ആശീർവാദത്തിന് ശേഷമാണ് ഉപദേശം എന്നാലേ ഫലിക്കുള്ളൂ എന്നാണ് ഗുരുവിന്റെ ഉപദേശ ആശീർവാദം അല്ലെങ്കിൽ ശാസ്ത്രമൊക്കെ തന്നെ കടിച്ചാപൊട്ടാതെ ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ശാസ്ത്രജ്ഞ അന്തന്ന് കാട്ടിയ കണ്ണാടി പോലെ എന്നാണ് കണ്ണാടി കുരുഡ മുമ്പിൽ കണ്ണാടി കാണിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ ആശീർവദിക്കുകയാണ് ഞാൻ ഇത് കൃപ ചെയ്യുന്നു എന്നാണ് അനുഗ്രഹിക്കുന്നു തനിക്ക് എല്ലാം പ്രകാശിക്കട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് മുഴുവൻ എന്റെ ഹൃദയത്തില് പ്രകാശിക്കട്ടെ മതഅനുഗ്രഹത്തിന് ആദ്യം ഭഗവാൻ അനുഗ്രഹം കൊടുത്തു നനു ത്ദർശനപ്പി അസമർഹം കഥം ജീ ജീസ്യാ താവാൻ യാവത് സ്വപത യഥാഭാവോ യാദൃക്സാരി രുപാരി ഗുണി ചതൊക്കെ തന്നെ ഞാനിതാ അനുഗ്രഹം ചെയ്ത് തരുന്നു തഥ്യകുപതിശന് യാവാൻ ഇത് സ്ഫുടയത്തി എത്ര ഗണ്ഡ ഇതൊക്കെ പറഞ്ഞു തന്നെ അസ്തു മദനുഗ്രഹാ എന്ന് പറഞ്ഞ് ചതുശ്ലോകി ഭാഗവതം തുടങ്ങാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയണ അടുത്ത ശ്ലോകം മുതൽ കാണും നാല് ശ്ലോകം വാസ്തവത്തിൽ ഏകശ്ലോകിയാണത് എങ്കിലും ചതുശ്ലോകി എന്ന് നമ്മൾ പറയണം അഹമേവാസമേവാഗ്രേം നദസത് പരം പശാദം യഥേതച്ഛ യോവശിഷ്യേത സോസ്മ്യഹം ഋതേ അർത്ഥം യത് പ്രതീയേതം നീയേത ചത്മനി ത്മനോ മായാഥ ഭാസോ യഥ മഹന്തി ഭൂത ഉച്ചാവജേഷു അനുവിഷ്ടാ അപ്രവിഷ്ടഹം എവ്വിജ്ഞാസ്യം തജിജ്ഞാസുനത്മന അന്വയവ്യതിരെകാഭ്യം യു സാത് അഹം യൂത്വ ചതുശ്ലോകി ഭാഗവത ഭഗവാൻ ഉപദേശിക്കുമ്പോ പറഞ്ഞു ഹേ ബ്രഹ്മന് ഈ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു അറിയോ ഞാൻ മാത്രമേ ഉള്ളൂ അഹമേവസം എന്നുവെച്ചാൽ ശ്രുതിവാക്യമാണ് ആത്മാവാദമഗ്ര ആസീത് അന്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല അഹമേവാസം അന്യത് ൂക്ഷ്മമായിട്ടോ ചരം അചരമായിട്ടോ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂർണത മാത്രമേ ഉണ്ടായിരുന്നു പൂർണമത അതിനുശേഷം സൃഷ്ടി നടത്തി സൃഷ്ടി നടത്തിപ്പ എന്തുണ്ടായി മറ്റു പല നാമരൂപങ്ങൾ ഉണ്ടായോ പശ്ചാത്തം അതിനുശേഷം ഞാൻ മാത്രമേ ഉള്ളൂ പ്രളയകാലത്തിലെല്ലാം നശിച്ചു പോകുമ്പോഴോ അവശിഷ്യേതാ സ്വസ്മേഹം എന്ത് അവശേഷിക്കുന്നു അത് ഞാനാണ് ഇതിന് പ്രഥിതമായ ഉദാഹരണം സ്വർണം സ്വർണം കൊണ്ട് വള മാല കുതിരം കങ്കണം പലതും ഉണ്ടാക്കും ആദ്യം സ്വർണ്ണക്കെട്ടയായിരുന്നു പിന്നെ വളയായി മാലയായി മോതിരായി പലതുമായി വീണ്ടും ഒരുക്കിയാൽ സ്വർണമാവും പക്ഷെ വളയും മാലയും മോതിരവുമൊക്കെ ആയപ്പോ സ്വർണം മാറിയോ അപ്പോഴും സ്വർണം തന്നെ ഇതാണ് ഉദാഹരണം പറയാ പക്ഷെ നമുക്ക് വ്യവഹാര പ്രാധാന്യമുള്ളപ്പോൾ നമ്മൾ ഭേദം കാണും സ്വർണം കൊണ്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ വെച്ചു എന്ന് വെച്ചോളൂ ഇവിടെ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ രാവണൻ കുംഭകർണൻ എല്ലാവരെയും ഉണ്ടാക്കി ഹനുമാൻ ഒക്കെ ഇവിടെ ആളുകൾ വന്നാൽ എല്ലാവരും രാമനെ നമസ്കരിക്കും ലക്ഷ്മണൻ സീതയൊക്കെ നമസ്കരിക്കും ഹനുമാനെയൊക്കെ നമസ്കരിക്കും കുംഭകർണനെയും രാവണനെയൊക്കെ നമസ്കരിക്കോ ഇല്ല കണ്ടാല് നോക്കൂ എത്ര ഭയങ്കരമായിട്ടിരിക്കണോന്ന് പറയും കണ്ടാല് ദേഷ്യവും വരും അല്ലേ പക്ഷേ ആരെങ്കിലും കക്കാ വന്നു എന്ന് രാത്രി അയാള് രാമനെ മാത്രം കട്ടുകൊണ്ട് പോവോ അല്ലെങ്കിൽ ആ രാമായണത്തിലെ നല്ല കഥാപാത്രങ്ങളെ മാത്രം മോഷ്ടിച്ചോണ്ട് പോകാവൂ ഇല്ല അയാൾക്ക് ഒരു ഭേദമില്ല ആദ്യം കുംഭകർണ രാവണനെയൊക്കെ എടുത്ത് ബാഗിലിടും വലിയ വലുതായിട്ടുണ്ട് ധാരാളം തലയുണ്ട് വലിയ ശരീരം അല്ലേ അയാൾ എന്താ നോക്കണത് സ്വർണം മാത്രമേ നോക്കണുള്ളൂ കനകൈക മഹാബുദ്ധി ാമരൂപം നോക്കുമ്പോൾ നമുക്ക് വ്യവഹാരം ചെയ്യുമ്പോൾ നമുക്ക് രാഗദ്വേഷുണ്ട് അധിഷ്ഠാനത്തിനെ കാണുന്ന ആൾക്ക് രാഗദ്വേഷല്ല എസെൻഷ്യൽ സ്റ്റഫ് എന്താണെന്ന് അറിയുന്ന ആൾക്ക് രാഗദ്വേഷ അതേപോലെ വേദം പറയുന്നു സകലതും ബ്രഹ്മസ്വരൂപമാണ് സകലതും ആത്മസ്വരൂപമാണ് ഈ ജ്ഞാനത്തിനെ സ്വീകരിച്ചാൽ ശാന്തി ഉണ്ടാവും രാഗദ്വേഷം പോവും എല്ലാം ആത്മ ആത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല ചില അമ്പലങ്ങളിൽ ദർപ്പണ മണ്ഡപം ഉണ്ടാവും നമ്മുടെ അവിടെയൊന്നും അത്ര കാണാറില്ല തമിഴ്നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ ദർപ്പണ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് നവരാത്രിക്ക് സ്വാമി അവിടെ കൊണ്ടുവയ്ക്കും മുകളിലും കണ്ണാടി ചോട്ടിലും കണ്ണാടി വശങ്ങളിൽ കണ്ണാടി ചോട്ടിൽ കണ്ണാടി എല്ലായിടത്തും കണ്ണാടി ദർപ്പണ മണ്ഡപം ഒരു ദർപ്പണ മണ്ഡപത്തിൽ ഒരു ദിവസം ഒരു നായ കയറി വാതിലും അടഞ്ഞു നായ മുമ്പിൽ നോക്കുമ്പോ ഒരു പത്ത് മുപ്പത് നായ നിക്കണു അത് കുറച്ചു അതൂക്കു കുറച്ചു തിരിച്ചു പോകാൻ നോക്കുമ്പോ ഇവിടുന്ന് നായ്ക്കളൊക്കെ കൂടെ പറിക്കണു മുകളിലെ നായ ചോട്ടിലെ നായ വശത്തിൽ നായ നായ കുറച്ച് കുറച്ച് കുറച്ച് തളർന്നു വീണു കൊറേ കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് നായ തൂക്കി പുറത്താക്കി അയാൾ നല്ലവണ്ണം അലങ്കരിച്ചു വന്ന് പല പോസിലും നിന്ന് ആസ്വദിച്ചു ഇതു ഞാനാണ് ഇതു ഞാനാണ് ഇതു ഞാനാണ് ഇതു ഞാൻ ഇതാണ് ജ്ഞാനിക്കും നമോ അജ്ഞാനികളോ വ്യത്യാസം ജ്ഞാനിയുടെ സ്ഥിതിയിൽ യൻ സർവാണി ഭൂത വിജാന സർവാണി ഭൂതേവ അനുപശ്യത്തി ആത്മാനം തന്നുഗുപ്സേ ഭാഗവതം പറയുന്നു ഭഗവത്ഭാവം ആത്മന എല്ലാത്തിലും ഭഗവത് സ്വരൂപത്തിനെ ഭഗവത്ഭാവത്തിനെ കാണുക ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും കാണുന്നില്ലെങ്കിൽ അവന് രാഗമില്ല ദ്വേഷമില്ല മനസ്സ് ചലിക്കുന്നില്ല മനസ്സ് എവിടെയൊക്കെ പോയാലും എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധ എവിടെ പോയാലും അയാൾക്ക് ജ്ഞാനസമാധിയാണ് സകലതും ആത്മസ്വരൂപമാണ് ബ്രഹ്മസ്വരൂപമാണ് പ്രഹ്ലാദൻ ആ ജ്ഞാനി ജ്ഞാനത്തിലാണ് ഇരുന്നത് നോക്കണം ഈ ജ്ഞാനം ധ്യാനമല്ല ധ്യാനിക്ക് വ്യവഹരിക്കാൻ പറ്റില്ല അയാള് ഒരു എക്സ്റ്റസിയിലിരിക്കും ജ്ഞാനി സർവസാധാരണനാണ് പക്ഷെ എല്ലാ ആത്മസ്വരൂപമാണ് പ്രഹ്ലാദനും ഹിരണ്യകശുവും ഒരേ റൂമിലാണ് നിൽക്കുന്നത് ഹിരണ്യകശുവെ ചോദിക്കുന്നു എവിടെയാടാ ഹരി പ്രഹ്ലാദൻ പറഞ്ഞു ഹരി അല്ലാതെ വേറെ ഒന്നും കാണാനില്ലല്ലോ ഒക്കെ ഹരിയാണല്ലോ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര അങ്ങയുടെ ഉള്ളിൽ തന്നെ വാളു പിടിക്കാൻ ശക്തി തരുന്നത് ഹരിയാണ് സർവത്ര ഹരിയുണ്ട് പ്രഹ്ലാദന്റെ ദർശനം അങ്ങനെയാണ് ഹരിന്റെ കശപ്പ് പറഞ്ഞു ഒരിടത്തും കാണാനില്ലേ തൂണാണുള്ളത് നില ആണുള്ളത് അസുരന്മാരാണോ ഉള്ളത് ദേവന്മാരാണോ ഉള്ളത് ഒക്കെ വ്യത്യാസ എപ്പോഴാണോ ഒരാള് ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്നറിയണത് സർവം ഖലു ഇതം ബ്രഹ്മ അതിനെ ത്രികാലത്തിലും അപാദ്യമായിട്ട് ബോധിപ്പിക്കുകയാണ് ഭഗവാൻ മുമ്പ് ഞാനാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഞാനാണോ ഉള്ളത് ഇനിയും ഞാനേ ഉണ്ടാവുകയുള്ളൂ മൂന്ന് കാലത്തിലും മണ്ണ് കൊടമായിട്ട് മാറുന്നു കൊടം മണ്ണായിട്ട് മാറുന്നു പക്ഷെ മൂന്ന് കാലത്തും മണ്ണേ ഉള്ളൂ അതേപോലെ അദ്വയമായ ചൈതന്യം ബോധം ആ ബോധത്തിൽ നാമരൂപ പ്രപഞ്ചമൊക്കെ തോന്നുമ്പോഴും ബോധത്തിന് ഒരു കേടും പറ്റില്ല അപ്പൊ പല കാണപ്പെടുന്നുണ്ടല്ലോ ഇവിടെ ഋതേ അർത്ഥം ഒരു പൊരുളില്ലാതെ പലതും കാണപ്പെടുകയാണ് പ്രതീയേതച്ച ആത്മനി ആത്മാവിൽ ഇതൊന്നുമില്ല സമാധവും സുഷുപ്തവും ശ്രീധരിയൽ ശ്രീധരിയത്തില് വ്യതിരേഖ പറയാൻ സമാധിസ്ഥിതിയിൽ ഒന്നും കാണപ്പെടുന്നില്ല ആത്മാവല്ലാതെ ഒന്നും അറിയപ്പെടുന്നില്ല സുഷുപ്തിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞ സുഷുപ്ത ഉപലഭ്യത ലോകമുണ്ടല്ലോ എന്ന് പറഞ്ഞ സുഷുപ്തിയിലുണ്ടോ ഡീപ് സ്ലീപ് സ്റ്റേറ്റിൽ പോയാൽ ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ എപ്പോഴും തോന്നണം സ്വപ്നത്തിൽ ഇതില്ല സ്വപ്നത്തിൽ കാണുന്ന മനസ്സ് സുഷുപ്തിയിലില്ല ഇപ്പൊ ഈ മൂന്ന് അവസ്ഥകളെ വെച്ചുകൊണ്ട് വേണം സത്യത്തിനെ നിശ്ചയിക്കാൻ ഒരു കാലത്തിൽ മാറാത്തത് എന്താണോ അതാണ് സത്യം ജാഗ്രത ഉണ്ടാവണം സ്വപ്നത്തിൽ ഉണ്ടാവണം സുഷുപ്തിൽ ഉണ്ടാവണം നമ്മൾ ഈ ജാഗ്രത എന്നുള്ള ഒറ്റ അവസ്ഥയെ വെച്ചുകൊണ്ടാണ് ലോകം സത്യം എന്ന് പറയുന്നത് ലോകം സത്യം നമ്മൾ പറയണു ലോകം എന്ന് വെച്ചാൽ എന്താ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ഇതിനാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത് അല്ലെ അഞ്ച് ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ട് ലോകം എന്ന് പറയണം ചില പ്രാണികൾക്ക് മൂന്ന് ഇന്ദ്രിയങ്ങളെ ഉള്ളൂ അവർ കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകമല്ല ചെടികൾക്കൊക്കെ ജീവനുണ്ട് സസ്യങ്ങളുടെ അനുഭവത്തിലുള്ള പ്രപഞ്ചം നമ്മളുടെ പ്രപഞ്ചമേ അല്ല അമീബ മുതൽക്ക് ഏറ്റവും വലിയ പ്രാണി വരെ നോക്കിയാൽ ഏകഘോഷ ജീവികളുണ്ട് ഇന്ദ്രിയമേ ഉള്ളൂ അത് ശരീരം തന്നെ ഒരു ഇന്ദ്രിയമാണ് ആ ജീവികളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾക്ക് അവർ കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകമല്ല ഇന്ദ്രിയങ്ങൾക്ക് അനുസരിച്ച് ലോകം മാറുകയാണ് പലതും കാണുന്നു സ്വപ്നത്തിൽ പലതും കാണുന്നു അല്ലെ സ്വപ്നത്തിൽ ഒന്നുമില്ല മുറിയിൽ ഞാൻ കിടന്നുറങ്ങാണ് പ്രഭാഷണം നടത്തുന്ന പോലെ സ്വപ്നം കാണുകയാണ് നിങ്ങളെയൊക്കെ ഞാൻ സ്വപ്നത്തിൽ ഉണ്ടാക്കും വേഷം കെട്ടിയിരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ വേഷം കെട്ടി പറയും നിങ്ങളുടെ വേഷം കെട്ടി കേൾക്കും മൈക്കായിട്ടിരിക്കും ഹാളായിട്ടിരിക്കും പുസ്തകമായിട്ടിരിക്കും നിങ്ങൾ കേൾക്കുന്നതിനെയും ഞാൻ പറയണതിനെയും കണ്ടുകൊണ്ടും ഇരിക്കും എത്ര ആശ്ചര്യമാണ് സ്വപ്നം സൃഷ്ടിരഹസ്യത്തിനെ പറഞ്ഞു തരാൻ സ്വപ്നത്തിനെ ഉപയോഗിക്കുകയാണ് ഹൃദയർത്ഥം എതീയേത്ത ഒരു പൊരുളുമില്ലെങ്കിൽ സ്വപ്നം കാണുന്നില്ലേ ഒന്നുമില്ലെങ്കിലും ഒരു സാമഗ്രിയുമില്ലാതെ സ്വപ്നം കാണുന്നു അതേപോലെ ഒരു പൊരുളുമില്ലാതെയും പലതും പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു ഈ കാണപ്പെടുന്നതൊക്കെ തന്നെ ആത്മാവ് തന്നെയാണ് സ്ക്രീനിൽ സിനിമ കാണുന്നു പോയി തൊട്ടാൽ സിനിമയിലെ നായകനെയോ നായികയെയോ തൊടാൻ പറ്റുമോ അല്ലെ എന്തു തൊടും സ്ക്രീനെ തൊടുള്ളൂ അല്ലെ അതേപോലെ ഇതിന് വാസ്തവത്തിൽ എന്താ ഉള്ളതെന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ബോധമേ ഉള്ളൂ ചൈതന്യമേ ഉള്ളൂ അന്യമായ ഒന്നുമില്ല പ്രതീകരിച്ചത് ആത്മനി ആത്മാവിനെ അന്വേഷിച്ച് കാണ്ടവർക്ക് ആത്മാവിൽ ഈ പ്രപഞ്ചമില്ല ഇന്ദ്രിയ ലോകത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചമുണ്ട് ബോധത്തിനെ ശ്രദ്ധിക്കുമ്പോൾ പ്രപഞ്ചമില്ല ബോധമേ ഉള്ളൂ പിന്നെ ഈ ആത്മാവിൽ ഈ പ്രപഞ്ചം വന്നു ആത്മനോ മായാം വിദ്ധി ഇതിനും മായാമുണ്ട് വിസ്മയകരമായ ശക്തി ആ ശക്തി എന്ത് ചെയ്യണു ഇല്ലാത്തതിനൊക്കെ ഉണ്ടാക്കി കാണിക്കണം കയറിൽ പാമ്പെന്ന വണ്ണം കയറിൽ പാമ്പ് കണ്ടു അടുത്തുപോയി നോക്കുമ്പോൾ പാമ്പില്ല കയറിയുള്ളൂ കുറ്റിയിൽ ഭൂതം കണ്ടു കുറ്റിയിൽ ഭൂതം ഉണ്ടോ ഇല്ല പെരുത്തുകൊണ്ടേ വരും കഥ അല്ലെ പഴയ കാലത്തൊക്കെ ചൂട്ടെടുത്ത് പോവും പയലത്ത് ഒരാള് പറയും ആ മരിച്ചുപോയ ദേവയാനി അമ്മ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു പറയും ഒരു കുറ്റിയാണ് കണ്ടത് അടുത്ത ദിവസം അതിന്റെ മേലെ വില പ്ലാസ്റ്റിക് കവറ് കിടക്കണെങ്കിൽ അതിങ്ങനെ കാറ്റത്താടിയാ വേറെ ഒരാള് പറഞ്ഞു എന്നെ വിളിച്ചു എന്ന് പറയും മൂന്നാമതാള് വെറുതെ അടിച്ചുവിടും വെറ്റന് ചോദിച്ചു പാക്ക് ചോദിച്ചു എന്നൊക്കെ പറയും ഇങ്ങനെയാണ് നാട്ടിൻപുറത്ത് കഥകള് പ്രചരിച്ചുകൊണ്ടേ പോവാ ഇത് എത്ര കാലത്ത് നിൽക്കുമ്പോൾ ഒരാളെ ചൂട്ടെടുത്തുപോയി അടുത്തുപോയി എന്താ ഉള്ളത് നോക്കുമ്പോൾ വെറും കുറ്റി ആ അന്വേഷിക്കണവരെ ഭയം യക്ഷത അതുപോലെ മായയും അന്വേഷിക്കണവരെ ഉണ്മയായിട്ട് തോന്നും മരീച്ചുകയിലുള്ള വെള്ളം അടുത്തുപോയി നോക്കുമ്പോൾ വെള്ളമില്ല മരുഭൂമിയും അതേപോലെ ഈ പ്രപഞ്ചം ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു പ്രപഞ്ചം ആരാ അനുഭവിക്കണത് ഞാൻ അനുഭവിക്കണം ഞാൻ ആരാ പ്രപഞ്ചത്തിനെ അന്വേഷിക്കാൻ പറ്റില്ല പ്രപഞ്ചത്തിനെ കാണുന്നവനെ വേണം അന്വേഷിക്കാൻ അനുഭവപ്പെടുന്നത് പ്രപഞ്ചം പ്രപഞ്ചം അനുഭവപ്പെടുന്നത് ആർക്കാ എനിക്ക് ഞാനില്ലെങ്കിൽ പ്രപഞ്ചത്തിന് എങ്ങനെ അനുഭവിക്കും ഈ മൈക്കിന് പ്രപഞ്ചമൊന്നുമില്ല അതിന് ഞാനെന്നുള്ള അനുഭവമില്ല പ്രപഞ്ചവുമില്ല എനിക്ക് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് അതുകൊണ്ട് എനിക്ക് ചുറ്റും പ്രപഞ്ചമൊക്കെ കാണുന്നു എന്താണ് അനുഭവത്തിന് ശ്രദ്ധിക്കുമ്പോൾ അനുഭവത്തിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്നവസ്ഥകളും വരുമ്പോ പലതും കാണപ്പെടുന്നു അനുഭവത്തിൽ പ്രപഞ്ചമില്ല ശരീരമില്ല അനുഭവത്തിൽ നിത്യശുദ്ധമായ പൂർണ്ണത അമൃതത്വമേ ഉള്ളൂ യഥാഭാസ യഥാതമ മരുഭൂമിയിൽ വെളിച്ചം കയറുമ്പോൾ വെള്ള ഉള്ള പോലെ തോന്നും മരുമരീക്ഷിക്കാജലം യഥാതമ സതീതൗ നല്ല കൂരി ഇരിട്ടാണെങ്കിൽ മന്ദ അന്ധകാരമാണെങ്കിൽ കയറിൽ പാമ്പ് തോന്നും കൂരി ഇരുട്ടാണെങ്കിൽ കയറ് പോലും നാണില്ല അതേപോലെ യഥാഭാസോ യഥാതമ യഥാമഹാന്തിഭൂതാണ് ഭൂതേഷു ഉച്ചാവചേഷു അനുപ്രവിഷ്ടാ അപ്രവിഷ്ടി നഥാ തഥാതേഷു നഥേഷു അഹം പഞ്ചഭൂതങ്ങള് പ്രപഞ്ചത്തിലെ എല്ലാത്തിലും കലർന്നിരിക്കണു എന്നാ കലർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ടും ജലമായിട്ടും അഗ്നിയായിട്ടും ഭൂമിയായിട്ടും കാറ്റായിട്ടും ആകാശമായിട്ടും പ്രത്യേകമായിട്ടും കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർ പ്രവേശിച്ചു എന്നും പറയാം പ്രവേശിക്കാതെ നിൽക്കണെന്നു പറയാം ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ തോന്നണൂന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കേടും പറ്റിയിട്ടില്ല എന്നുള്ളതിനാണ് ഈ ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നത് പൂർണത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാവുന്നു പൂർണമതഹ പൂർണമിതം ഇത് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റുമോ പൂർണ്ണമാണ് എങ്ങനെയാന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന സിനിമ സ്ക്രീൻ തന്നെയാണ് സിനിമയിൽ കാണുന്ന എല്ലാ വ്യക്തിത്വത്തിന്റെയും ഉണ്മയായ അസ്തിത്വം സ്ക്രീൻ തന്നെയാണ് അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും അസ്തിത്വം ബോധം തന്നെയാണ് ആത്മാ തന്നെയാണ് അതുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞവന് എല്ലാം അത് തന്നെയാണ് എന്ന് തോന്നും അതാണ് ഞാൻ പ്രതിയേതച്ച് ആത്മനി എന്ന് പറഞ്ഞത് ഇതെങ്ങനാ മനസ്സിലാക്കണം ഏതാവതേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുന ആത്മന ഇവിടെ തത്വജ്ഞാനമാണ് ഇത് കേൾക്കുന്നവൻ തത്വജിജ്ഞാസുവാണ് തത്വജ്ഞാനത്തിന് പേരാണ് സമാധി യോഗവാസിഷ്ടത്തിൽ അസിസ്റ്റന്റ് പറയണത് ജ്ഞാനികൾക്കുള്ള സമാധി തത്വജ്ഞാനമാണ് അല്ലാതെ മനസ്സ് ജഡമായിട്ട് ഇരിക്കലല്ല തർവാശാവകോക്തസമാധി ശബ്ദനു തൂഷ്ണീം അവസ്ഥ ജഡമായിട്ട് ഇരിക്കുന്ന സ്ഥിതി അല്ല സമാധി തത്വജ്ഞാനം തന്നെയാണ് സമാധി തത്വജ്ഞാനിക്ക് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒന്നും തന്നെ ഇല്ല ആത്മാവിൽ നിന്ന് അന്യമായ ഒന്നും തന്നെ ഇല്ല എന്നുള്ള നിശ്ചയമായ ബോധത്തിന് പേരാണ് സമാധി ഇത് നിർവികൽപ്പ ബോധമാണ് നിർവികൽപ്പ യോഗമല്ല യോഗമാണെങ്കിൽ വരികയും പോവുകയൊക്കെ ചെയ്യും നിർവികൽപ ബോധമാണ് ഇത് എങ്ങനെ ഉറപ്പിക്കണം ഏകാന്തത്തിലിരുന്ന് അന്വയവ്യതിരേഖാഭ്യാം യത് സാത് സർവത്ര സർവതാ അന്വയം എന്ന് വെച്ചാൽ ജാഗ്രതത്തില് ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ മനസ്സുണ്ട് ഞാൻ സുഷുപ്തിയിൽ ശരീരവുമില്ല മനസ്സുമില്ല എങ്കിലും ഞാനുണ്ട് ആ സുഷുപ്തിയിൽ ഇതൊന്നും ഇല്ലാത്തപ്പോഴും ഞാൻ ഉണ്ട് എന്നുള്ളത് അത് വ്യതിരേകം ജാഗ്രതത്തിൽ ശരീരവും മനസ്സോ ഒക്കെ ഞാൻ ഉണ്ട് എന്നുള്ളൊ അത് അന്വയം വളയും മാലയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും സ്വർണമാണ് എന്നുള്ളത് സ്വർണ്ണമെന്ന് പറയുന്നത് വളയോ മാലയോ ഒന്നുമല്ല അത് എസൻഷ്യൽ സ്റ്റഫാണ് അത് അറിയാൻ വേണ്ടി നിഷേധിക്കുന്നതും വ്യതിരേകം ഇവിടെ ഏകാന്തത്തിലിരുന്ന് ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞ് തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്നതായി കേവലമായ ബോധം ചിത്ത് ആ ചിത്തിനെ തന്റെ സ്വരൂപമാണെന്ന് റെക്കഗ്നൈസ് ചെയ്യണത് എന്ന് വെച്ചാൽ പ്രത്യപിജ്ഞ ഉണ്ടാവണത് സോഹമസ്മി എന്ന് പ്രത്യപിജ്ഞ ഉണ്ടാവണത്താണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞത് ഇത് സമാധിനാ അനുസ്മര എന്ന് പറഞ്ഞത് ഏകാന്തത്തിലിരുന്ന് ഏതന്മതം സമാധിഷ്ഠ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വ്യാവർത്തിപ്പിച്ച് തൂഷ്ണീം ഭവേത് നിജസുഖാനുഭവോ നിരീഹ ഈ സമാധി പരിശീലനം എങ്ങനെ ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു ദൃഷ്ടിം പദ പ്രതിനിവൃത്തിയ നിവൃത്തതൃഷ്ണീം ഭവേത് നിജസുഖാനുഭവോ നിരീഹ എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു ദൃഷ്ടിയെ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും പ്രതിനിവൃത്തിയെന്ന് വെച്ചാൽ അന്തർമുഖമാക്കിയിട്ട് കേവലമായി ഒണ്ട് എന്നുള്ള അച്ഛിതംശത്തിൽ അസ്തിത്വകല ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തിൽ നിർത്തി കിഞ്ചിത് അഭി ചിന്തയേത് പിന്നെ ഒന്നും ചിന്തിക്കാതെ ഇരുന്ന് പരിശീലിക്കുക കുറച്ചു നേരത്തേക്കെങ്കിലും ശരീരമല്ലാതെ അസ്ഥാവലകൻ പറഞ്ഞ പോലെ നാഹം മനുഷ്യോ നഥ ദേവയക്ഷോ നാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ഗൃഹീ വനസ്ഥ ഭിക്ഷുർണാഹം ഇത്രയും നിഷേധിച്ചു കഴിഞ്ഞാൽ നിജബോധരൂപ എന്നുള്ളത് അനുഭവം വരും അത് പറയേണ്ട ആവശ്യമില്ല ആ അനുഭവത്തിൽ ഇരുന്നിരുന്ന് പരിശീലിക്കാനാണ് പരമേണ സമാധിന എന്ന് പറഞ്ഞത് അങ്ങനെ ഇരുന്നിരുന്ന് പരിശീലിച്ചാലോ ന വിമുഖ്യത്തിക്കർഹിച്ചിട്ട് പിന്നീട് ഒരു കാരണവശാലും ഒന്നുകൊണ്ടും നിങ്ങൾ മോഹിച്ചു പോവില്ല ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ തന്നെ കണ്ടാലും അതൊക്കെ തന്നെ ഭഗവത് സ്വരൂപമാണ് യാതൊന്നു കാണത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണ അർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായനമാ ഹരിനാമ കീർത്തനത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിന്റെ എസെൻസാണ് നമുക്ക് ചതുശ്ലോകി ഭാഗവതം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഹരിനാമ കീർത്തനത്തിൽ ഈ ശ്ലോക ഓർമ്മ വെച്ചാൽ മതി യാതൊന്നു കാണ്പതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണ അർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ ഇവിടെ നാരായണനല്ലാതെ മറ്റൊന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇത് ബോധം എങ്ങനെ വരും ചതുശോഗി ഭാഗവതത്തിൽ പറഞ്ഞ ഉദ്ധവർ ഏകാദശത്തിൽ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ആ അനുഭവം എങ്ങനെ വരും ഭഗവാനെ അനുഭവം എങ്ങനെ വരും ചോദിച്ചപ്പോ ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ അനുഭവം ഈ പറഞ്ഞ അപ്പൊ തന്നെ വരണം വന്നിട്ടില്ലെങ്കില് ഒരു കാര്യം ചെയ്യൂ പ്രണവേ ദണ്ഡപത് ഭൂമോ ആശ്വചാണ്ടാള ഗോഖരം ചാണ്ടാളനാവട്ടെ പശു ആവട്ടെ കഴുതയാവട്ടെ കുതിരയാവട്ടെ ഭഗവാനാണെന്ന് പറഞ്ഞു വീണ് നമസ്കരിക്കൂ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു പത്തുന്നൂറ്റി ഇരുപത് വയസ്സായ ഉദ്ധവരോടാണ് ഭഗവാൻ പറഞ്ഞത് അല്ലേ അമ്പത് വയസ്സായ നമുക്ക് ചോട്ടിലിരിക്കാനേ പറനിയ വയ്യ എഴുമേക്കാൻ വയ്യ ഉദ്ധവരോട് ഭഗവാൻ പറയാ സാഷ്ടാംഗം വേണം നമസ്കരിക്കുന്നു നാല് പ്രാവശ്യം നമസ്കരിക്കുമ്പോൾ തനിയെ തോന്നുന്നു സകലതും ഭഗവത് സ്വരൂപമാണ് വസ്തുതന്ത്രമാണത് സ്വീകരിക്കൂ എന്നാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഭവം വരുമോ കുറെ കഴിഞ്ഞാൽ അനുഭവം വരും കാരണം എല്ലാത്തിലും അതാണോ ഉള്ളത് അല്ല എന്നുള്ള കല്പന കൊണ്ടാണ് നമുക്ക് മറന്നുപോയിരിക്കുന്നത് ആ കല്പനയെ വിപരീത വിപരീതീകരണം ചെയ്യുകയാണ് നമ്മള് വീണ്ടും വീണ്ടും ഭഗവാനെ ഉള്ളൂ ഭഗവാനേ ഉള്ളൂ സകലതും ഭഗവാനാണ് ആരോടെങ്കിലും വെറുപ്പ് തോന്നുമ്പോൾ അവരെ പ്രത്യേകിച്ച് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവർ ഭഗവത് സ്വരൂപികളാണെന്ന് ഭാവന ചെയ്ത് അവരടുത്ത് പറയാനൊന്നും വേണ്ട ുള്ളിനെ ഭാവന ചെയ്ത് അങ്ങോട്ട് ആരാധിച്ചാൽ അവരോടുള്ള വെറുപ്പ് അങ്ങോട്ട് പോവും ആരോടെങ്കിലും പ്രത്യേക അറ്റാച്ച്മെന്റ് ആസക്തി തോന്നിയാൽ അത് തന്നെ ചെയ്യണം ആസക്തി തോന്നിയാലും അവർ ഭഗവത് സ്വരൂപമാണെന്ന് കരുതിക്കൊള്ളണം അല്ലെങ്കിൽ പെട്ടുപോകും കൃഷ്ണൻ തന്നെ പറയുകയാണ് വസുദേവരുടെ അടുത്തും ദേവകിയുടെ അടുത്തും കഴിഞ്ഞ രണ്ട് ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ കുട്ടിയായിട്ട് ജനിച്ചു അപ്പോഴൊന്നും നിങ്ങൾ മുക്തരായില്ല കാരണം എന്താന്ന് വെച്ചാൽ കുട്ടിയാണോ കുട്ടിയാണോ എന്ന് ഇന്ന് എന്താ മനസ്സിലാവണേ ഭഗവാനെ കുട്ടിയായി ജനിച്ചാലും ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ മുക്തിയില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞത് ഈ ജന്മത്തിൽ അങ്ങനെ ചെയ്യരുത് യുവാ മാം പുത്രഭാവേന് ബ്രഹ്മഭാവേനച് അസകൃതയന്തവും കൃതസ്നേഹവും മദ്ഗതി നിങ്ങൾ എന്നെ പുത്രൻ കരുതിക്കൊള്ളുക അതോടൊപ്പം തന്നെ ബ്രഹ്മമാണെന്ന് ഓർത്തുകൊള്ളുക ചിന്തയന്തോ കൃതസ്നേഹവും ചിന്തയന്തോ കൃതസ്നേഹവും മദ്ഗതി ഉപദേശാ ആവർത്തിക്കണമെന്നാണ് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമല്ല വീണ്ടും വീണ്ടും കുറെ കഴിയുമ്പോൾ പതുക്കെ തോന്നും പതുക്കെ പതുക്കെ ഗൂഢമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ കണ്ടു നമ്മൾ ഗുപ്തദർശികളായിട്ട് തീരും ഓരോരുത്തരുടെ ഉള്ളിലും ഗുഹ്യമായി കിടക്കുന്ന ബോധത്തിനെ പൂർണ്ണ വസ്തുവിനെ നമ്മൾ കണ്ടു വിവിക്ത ദൃക്കുകളായിട്ട് തീരുന്നവള് ഓരോ അഗ്നകത്തും കിടക്കുന്ന ഈശ്വരനെ കാണുന്നവനെയാണ് വേദം പറയുന്നത് അവൻ ഒരു മധുപനാണെന്നാണ് തേൻ വണ്ട് പുഷ്പത്തിൽ നിന്ന് പുഷ്പത്തിലേക്ക് പോയി തേൻ കുടിക്കുന്ന പോലെ ജ്ഞാനി ഓരോ രൂപം കാണുമ്പോഴും അസക് ഋഷീക്ക മധും പിപതി ഭാഗവതം തന്നെ രുദ്രോപദേശ രുദ്ര ഉപദേശത്തില് ശിവൻ ഉപദേശിക്കുമ്പോൾ പറയുന്നു ഇന്ദ്രിയങ്ങളിൽ കൂടെ തന്നെ തേൻ കുടിക്കുകയാണെന്നാണ് എന്നുവെച്ചാൽ എവിടെ നോക്കിയാലും ഭഗവാനേ ഉള്ളൂ എവിടെ നോക്കിയാലും ആത്മാവേ ഉള്ളൂ ഏത് നോക്കിയാലും ഭഗവത് സ്വരൂപമാണ് എല്ലാറ്റിനകത്തും ഭഗവാൻ നിറഞ്ഞു തുളുമ്പി നിക്കണതായിട്ട് സർവത്തിനും ഉള്ളിൽ ഗുഹ്യമായി ഗൂഢമായി ഭഗവാൻ നിൽക്കുന്നു യഹ് പൃഥ്വി്യാം തിഷ്ഠൻ അന്തരോ ീദരം അമൃത അന്തര്യാമി അധികരണം ഉപനിഷത്ത് വർണ്ണിച്ചു വരെ ആരു ഭൂമിയിൽ നിൽക്കുന്നു ആരു ആകാശത്ത് നിൽക്കുന്നു ആ ഒരു ദൗല് നിൽക്കുന്നു ആര് എന്റെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നു അവൻ പൂർണനാണ് അവനെ അറിയും തോറും ഒരിക്കലും മോഹിച്ചു പോകുന്നില്ല ഇവിടെ ഭഗവാനിൽ നിന്ന് സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നുമില്ല ഭഗവാനേ ഉള്ളൂ ഇതിന് ആത്യന്തിക പ്രളയം എന്നാണ് ഭാഗവതം പറയുന്നത് ദ്വാദശ സ്കന്ധത്തിൽ പറഞ്ഞു നൈമിത്തിക പ്രളയം ഒന്നുമല്ല ആത്യന്തിക പ്രളയം ആത്യന്തിക പ്രളയം എന്താന്ന് വെച്ചാൽ ജ്ഞാനമാണ് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ന നിരോധോ ന ച ഉത്പത്തി ന ബദ്ധോ ന പരമാർത്ഥത ആത്മസ്വരൂപമേ ഉള്ളൂ അന്യമായ ഒന്നുമില്ല അയാള് സർഗത്തിന് ജയിച്ചവനാണ് ഈ ഹൈവത്തൈർജിതസർഗ യേഷം സാമ്യേ സൃഷ്ടിയെ ജയിച്ചവനാണ് അവൻ പൂർണ്ണനാണ് ശരീരത്തിലിരിക്കുമ്പോ തന്നെ ജീവൻ മുക്തനാണ് വിമുക്തനാണ് ആ സ്ഥിതിയാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത് ഈ ഉപദേശത്തിനെ ശ്രോതവ്യഹ മന്തവ്യാ നിധിധ്യാസിതവ്യാ നമ്മളിപ്പോ കേൾക്കണോ കേട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യ ഇതിന്റെ പല വശങ്ങളും വിചാരണം ചെയ്യുക പതുക്കെ പതുക്കെ അനുഭൂതി ഉണ്ടാവും അനുഭൂതി ഉണ്ടാവുമ്പോ സമാധി ഈ പറഞ്ഞ ജ്ഞാനസമാധി അതായത് നിശ്ചലതത്വേ ജീവൻ മുക്തി ആ നിശ്ചല തത്വത്തിന് നമ്മൾ നമ്മളിൽ കാണും അത് അഖണ്ഡം അദ്വയമായി അവിഛിന്ന അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടുള്ള ഒരു അനുഭവം അവിഛിന്നമായിരിക്കില്ല നമുക്കെന്നെ അറിയാം അല്ലേ മനസ്സിൽ ഇപ്പം സ്നേഹം വരും കുറച്ച് കഴിഞ്ഞാൽ വരും ഇപ്പൊ ഭക്തി വരും കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും ഇപ്പൊ ധ്യാനം വരും കുറച്ചു കഴിഞ്ഞാൽ കാമം വരും ഇതാണ് മനസ്സിന്റെ സ്വഭാവം ആ മനസ്സിന് വിശ്വസിക്കാനേ പറ്റില്ല അല്ലെ അതുകൊണ്ട് അപ്പൊ എത്ര സുഖമായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ സുഖമായിട്ടിരിക്കും കുറച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോകും മനസ്സ് അപ്പോ മനസ്സുകൊണ്ടുള്ള അനുഭവം അല്ല മനസ്സിനെ നീക്കിയിട്ട് കാണുന്ന അനുഭവമാണ് ഗുരുവായൂർ പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ ആളുകൾ ഇങ്ങനെ ക്യൂവിൽ പോകുമ്പോ ഒരാൾക്കും ഒരാൾക്ക് ഇടയിലൂടെ ഗുരുവായൂരപ്പനെ കാണും അല്ലേ രണ്ടു ഭക്തന്മാരുടെ ഇടയിലൂടെ ഗുരുവായൂരപ്പനെ കാണും അതുകൊണ്ടാണ് കൃഷ്ണനെ ഇടയിൽ എന്ന് പറയുന്നത് പശുവിനെ മേക്കുന്നത് കൊണ്ട് ഇടയിൽ കാണുന്ന ആള് അതേപോലെ നമ്മളുടെ അകത്തും ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും ഇടയിൽ എന്താ ഉള്ളത് ചിത്തവൃത്തി അല്ലാതെ ഒരു വസ്തു ഉണ്ടല്ലോ അനുസ്യൂതൻ ചിന്തിക്കാൻ ആർക്കും കഴിയില്ല ഓരോ ചിത്തവൃത്തിക്കും നടുവിൽ നിശ്ചയമായിട്ടും കുറെ ഗ്യാപ്പുണ്ട് പക്ഷെ അവിടെ എന്താ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ ഇടയിനെ നമ്മൾ ശ്രദ്ധിക്കണില്ല അവിടെ എന്തുണ്ടോ അത് പൂർണമാണ് അത് ഭഗവത് സ്വരൂപമാണ് ഭഗവാൻ നേടിയെടുക്കേണ്ട വസ്തുവല്ല ഭഗവാൻ സിദ്ധ വസ്തുവാണ് അതാണ് പ്രഹ്ലാദൻ പറഞ്ഞു മേനക്കിടെ വേണ്ടല്ലോ എന്നാണ് പറയുന്നത് പ്രഹ്ലാദൻ എന്തിനാ ബുദ്ധിമുട്ടണത് നഹി അച്യുതം പ്രീണയതോ ബഹു ആയാസോ ആത്മത്വ സർവഭൂത കിട്ടിയിട്ടുള്ള വസ്തുവാണ് ഭഗവാൻ ഭഗവാനെവിടെ പോയി നേടിയെടുക്കണം ഭഗവാനാണ് കിട്ടിയിട്ടുള്ളത് ശരീരം ഒന്നും കിട്ടിയിട്ടില്ല നമ്മള് പറഞ്ഞ ശരീരം നമുക്ക് കിട്ടിയിരിക്കണം എവിടെ കിട്ടിയിരിക്കണം രാവിലെ കഴിച്ച ഇഡ്ഡലി എന്താന്ന് അറിയൂ അപ്പൊ വയറ്റിൽ പോയിട്ട് എന്റെ ശരീരം എന്ന് പറയണു അകത്ത് എന്താ ചെയ്യണോ ഒന്നും അറിയില്ല ദഹിച്ചോന്നറിയില്ല ദഹിച്ചില്ലയോന്നറിയില്ല അവിടെ കിഡ്നി വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയില്ല ഹാർട്ട് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും അംഗങ്ങൾ ഉണ്ടോ പോയോ എന്നറിയില്ല അല്ലേ ആസ്പത്രിയിൽ സർജറി കഴിഞ്ഞ് വരുമ്പോ ഇപ്പം ആളുകൾ പറയണത് ചിലതൊക്കെ എടുത്തുകൾ നമുക്കൊന്നും അറിയണില്ല എന്നിട്ടാണ് എന്റെ ശരീരം എന്റെ ശരീരം എന്ന് പറയണത് ശരീരം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അത് പ്രകൃതിയിലൊരു പ്രതിഭാസം മാത്രമാണ് കുറച്ച് ദിവസം നിൽക്കും നമ്മളെടുത്ത് പറയുക പോലും ചെയ്യില്ല ഒരു ഇത്തരം കാലം നിന്നിട്ടോ ഒരു ഇൻഫർമേഷനെങ്കിലും തരാൻ പോകില്ലേ നാളെ രാവിലെ നിനക്കും എനിക്കും ബന്ധം കഴിഞ്ഞു പറയാൻ പാടില്ലേ അതുമില്ല പെട്ടെന്ന് നിന്നു എന്തൊക്കെയോ സ്വപ്നം കണ്ടോണ്ടിരിക്കുമെന്ന് തന്നു ഈ ശരീരത്തിന് എങ്ങനെ എന്റെ ശരീരം എന്ന് പറയാൻ പറ്റും ഉമ്മർത്ത് നിൽക്കുന്ന വേപ്പ് അതിന്റെ ഉള്ളിലുള്ള കാര്യം എനിക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ് ഉപയോഗിച്ച് അറിയണം അതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കണ ഈ ശരീരവും അതിന്റെ ഉള്ളിലുള്ളത് അറിയണമെങ്കിൽ മെഷീനും വേണം ആ വേപ്പിനും ഈ ശരീരത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല വേപ്പിനും എവിടെ നുള്ളിയാ വേദനയ്ക്കില്ലേ വയ്ക്കും വേദനിക്കും അതിനകത്തുള്ള അഹന്തക്കാണ് അല്ലാതെ എനിക്കല്ല അതിൻ്റെ ഉള്ളിലുള്ള സംഘാതത്തിന് അതിൽ തന്നെയാണ് ഈ വേദന എന്നുള്ള പ്രതിഭാസവും വരണത് അതുകൊണ്ട് ശരീരമല്ല നമ്മളുടെ മറിച്ച് നമ്മളുടേത് ഭഗവാനാണ് നമ്മളുടെ ആത്മാവാണ് നമുക്ക് സിദ്ധമായിട്ടിരിക്കണത് നിത്യസിദ്ധമായിട്ടിരിക്കണത് ഉപലബ്ധി മാത്രധാമെ എന്നാണ് ഭാഗവതം പറയണത് ഉപലബ്ധി മാത്രധാമിനെ കിട്ടിയിട്ടുള്ളവനാണ് എന്നാണ് സിദ്ധൻ നിത്യസിദ്ധനാണ് അതുകൊണ്ട് നിത്യസിദ്ധമായ ആ വസ്തുവിനെ ഗുരു നമുക്ക് തരയല്ല ചെയ്യണത് ബോധിപ്പിക്കണം നീ അതാണ് കുട്ടി നീ ശരീരമല്ല നീ മനസ്സോ ബുദ്ധിയോ നീ ആത്മാവാണ് പൂർണ്ണ വസ്തുവാണ് ശുദ്ധ വസ്തുവാണ് ശ്രദ്ധിക്കൂ സ്വീകരിക്കൂ സ്വീകരിച്ചാൽ മതി നീ കാര്യം നടന്നുവോ സ്വീകരിച്ചാൽ ആ ക്ഷണം മുതൽക്ക് സോഹമസ്മി എന്ന അനുഭവം ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ഒരു ബോധനമാണ് പരമ്പര പരമ്പരയായി ഋഷികൾ ചെയ്തിരിക്കണത് അതേ ബോധനമാണ് ഭഗവാൻ ബ്രഹ്മാവിന് തുടങ്ങി വെച്ചത് ആ പരമ്പരയാണ് ശ്രീശുഖബ്രഹ്മ മഹർഷി പരീക്ഷിത്തിന് ചെയ്തത് അതേ പരമ്പരയാണ് നമ്മളിപ്പ ചെയ്യണത് വാഴ കന്നിടുന്ന പോലെയാണ് ഒരു കന്നിട്ട ആ വാഴ പോവും ഒരു കന്ന് വേറെ കന്നു കന്നു പോലെ ആ ആദി ഇട്ട കന്നാണ് തുടർന്നു വരുന്നത് സപൂർവേഷ കാലേന അനവച്ഛേദ കാലം കൊണ്ട് വിച്ഛിത്തിയില്ലാത്ത ഗുരുതത്വം അത് നമുക്ക് ഈ ഭാഗവത രഹസ്യത്തിനെ ബോധിപ്പിക്കണത് ഇത് നമുക്ക് അനുഭവത്തിൽ വരണം ചതുശ്ലോകി ഭാഗവതം എന്നുള്ള ബീജത്ത് നിന്നാണ് ഇത്രയും വലിയ ഭാഗവത പുസ്തകം പോണ ഉള്ളത് ശ്രീധരീയം നമ്മുടെ വാഷിവിടെ ഉണ്ട് ഭാഗവതം കേട്ടിട്ട് മുക്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പുസ്തകം തലയിൽ ഇട്ടാ മതി എന്നാണ് പറയാറ് അത്ര വെയിറ്റ് ഉണ്ടത് സിദ്ധി കൂടും ഒരു ചെറിയ കാര്യമാണ് അത് പറയാനാണ് ഇത്രയും വലിയ ഗ്രന്ഥമായത് ചതുശ്ലോകി ഭാഗവതം അതിൽ ഏകശ്ലോകിയാണ് ഏകശ്ലോകി എന്ന് പറയാൻ കാരണം അഹമേവ ആസമേവ ന അന്യത് സതസത് പരം അഹം ഏതേതച് യഹ അവശിഷ്യേത സോസ്നേഹം ഇത്രയേ ഉള്ളൂ ചതുശ്ലോകി ഭാഗത്ത് ബാക്കിയൊക്കെ അതിന്റെ പൂർവാ ഉത്തരാ ചതുശ്ലോകിയല്ല ഏകശ്ലോകി എന്നാണ് പറയാതെ ഒരു ശ്ലോകമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിനെ തെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് ഞാനാണ് ഉണ്ടായിരുന്നത് ഞാനാണ് ഉള്ളത് ഞാനേ ഉണ്ടായിരിക്കുകയുള്ളു അന്യം ഒന്നുമില്ല ഏകമേവ അദ്വിതീയം നേഹനാസ്തി ഇത്രയും നേരം ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടു ഇത് ഏകാന്തത്തിൽ വിചാരം ചെയ്ത് അനുസന്ധാനം ചെയ്ത് തെളിഞ്ഞാൽ ശാന്തി ഉണ്ടാവും ശാന്തിയാണ് ജ്ഞാനം ശാന്തിയാണ് ബ്രഹ്മസ്വരൂപം ശാന്തോയം ആത്മാലിക്കാത്ത ശാന്തിയാണ് സമാധി എന്ന് പറയുന്നത് ശാന്തി തന്നെ ഭക്തി ശാന്തിയാണ് നമുക്ക് വേണ്ടത് മനോമണ്ഡലത്തിൽ അല്ലാത്തൊരു അനുഭവം പറയുന്നത് തന്നെ ശാന്തിയാണ് ആ ശാന്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാനെ ശരണാഗതി ചെയ്താൽ തത് പരാം ശാന്തി ഉപയോഗി സാക്ഷാത് പരമമായ ശാന്തി ഉണ്ടാവും എന്ന് ഗീതയില് ഭഗവാൻ പറഞ്ഞു ആ ശാന്തി ഭഗവത് കൃപ കൊണ്ട് എല്ലാവർക്കും സിദ്ധിക്കട്ടെ ഏകദേശം മൂന്ന് മണിക്കൂറോളായി രണ്ടേ മുക്കാൽ മണിക്കൂറിലധികമായി ആ മൂന്ന് മണിക്കൂറും നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേട്ടു ഈ ഒരു സത്സംഗം ഇതുപോലെ അറേഞ്ച് ചെയ്യാനായിട്ട് ബാലു ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ശ്രദ്ധയോടുകൂടെ ഓടി നടന്നിട്ടുണ്ട് ഭക്തിയോടുകൂടെ ഓടി നടന്നിട്ടുണ്ട് പലവട്ടം തച്ചൂരിലേക്ക് വരികയും ഇതിന്റെ ഓരോ സ്റ്റെപ്പും അങ്ങനെ ചേട്ടൻ എങ്ങനെ ചേട്ടേന്ന് ചോദിച്ചു ഒരുപാട് ഒരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ സാധാരണ ഒരു ഏഴു ദിവസവും അഞ്ചു ദിവസവും ഒക്കെ നടത്തേണ്ട സത്സംഗമാണ് നമ്മൾ മൂന്ന് മണിക്കൂറിൽ ഇവിടെ പറഞ്ഞിരിക്കണത് ഈ ഒരു ശ്രദ്ധയ്ക്ക് ഭഗവാൻ ഭഗവാന്റെ പരിപൂർണ കൃപ ഉണ്ടാവും അതിന് സംശയമൊന്നുമില്ല ഇനിയും ധാരാളം സത്സംഗം ഇവിടെ നടക്കട്ടെ അതിനൊക്കെ പങ്കുകൊള്ളാനുള്ള ഭാഗ്യവും ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥോമാത്മാവസിമേ തോന്നം മമക യഥാ തപേക്ഷം കൂരുമാം തഥൈവ ത്മനാഥം രമണം ഭ സമനന്ത ശം പരമാകാഷപാങ്കണരിണലോലയാസം പരമായാസം ുവനം ശ്വാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ മൃത്സ് മത്സഹേത്തിയശോദ താടനശൈശവസന്ത്രസം ോകലോകോക്കദശ ലോക ലോകത്രയ പുരമൂല സ്തംഭം ലോകമനലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോപാളം ഭുവി ലീലാവിഗ്രഹോപാളം ോപീല ഗോവർദ്ധനധൃതലീലാളിതോ ഗോഭിന് നിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനാമാനം ഗോധീ ഗോചര ദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിം ഗോവിന്ദം പരമാനന്ദംദാത്ത സിദ്ധാന്തോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതസ്മ്യഹം ഗോവിന്ദന സം ജനകീകാത്തരന പതേ